നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നിന്ന് അവൻ നിങ്ങൾക്കൊരു ഉദാഹരണം വിവരിക്കുകയാണ് നാം നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിങ്ങളുടെ വലതു കൈകൾ നിങ്ങൾക്ക് പങ്കാളികളുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ഭയപ്പെടുമോ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ ഭയപ്പെടുന്നത് പോലെ ബുദ്ധിയുപയോഗിക്കുന്ന ഒരു ജനവിഭാഗത്തിനു വേണ്ടി ഇപ്രകാരം നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു